അങ്ങനെ അവർ പരസ്പരം ചോദിക്കുന്നതിനായി നാം അവരെ ഉണർത്തി അവരിലൊരാൾ ചോദിച്ചു നിങ്ങൾ എത്ര കാലം ഇവിടെ കഴിഞ്ഞു അവർ പറഞ്ഞു ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗമോ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞു നിങ്ങൾ എത്ര കാലം കഴിഞ്ഞുവെന്ന് നിങ്ങളുടെ രക്ഷിതാവിനാണ് ഏറ്റവും നന്നായി അറിയാവുന്നത് അതിനാൽ നിങ്ങളിലൊരാളെ ഈ ഖ്യനവുമായി നഗരത്തിലേക്ക് അയക്കുക അവിടെ ഏറ്റവും ശുദ്ധമായ ഭക്ഷണം ഏതാണെന്ന് അവൻ നോക്കട്ടെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമായി അവൻ വരികയും അവൻ വളരെ സൂക്ഷ്മമായി പെരുമാറുകയും ആരും നിങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യട്ടെ